നോബൽ സമ്മാനം നേടിയ ഇന്ത്യക്കാർ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലെ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയത് രവീന്ദ്രനാഥ് ടാഗോർ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ നോബൽ സമ്മാനം നേടിയത് സി വി രാമനാണ് ആയിരത്തി വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം കിട്ടിയത് ഹർഗോവിന്ദ് ഖൊരാനയ്ക്കായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ നോബൽ സമ്മാനം കിട്ടിയത് മദർ തെരേസയ്ക്കാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ ഭൌതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം നേടിയത് എസ് ചന്ദ്രശേഖർ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി സാമ്പത്തിക ശാസ്ത്രത്തിലെ നോബൽ സമ്മാനം നേടിയത് അമർത്യസനാണ്